അതിനു മുമ്പ് മൂസ അലഹിസ്സലാമിന്റെ ഗ്രന്ഥം ഒരു വഴികാട്ടിയായും കാരുണ്യമായുണ്ടായിരുന്നു ഇത് അറബി ഭാഷയിലുള്ള സത്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാകുന്നു അക്രമികൾക്ക് താക്കീത് നൽകാനും സൽക്കർമ്മകാരികൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനും വേണ്ടിയാണിത്